ജ്ഞാനമേ താദൃശ്യം ആസാദിതസ്വഭാവഭേദം അസത പ്രകാശന ഉപജാതം ജ്ഞാനം എന്ത് ചെയ്യുന്നു താദൃശം സ്വപ്ര സാമർഥ്യ അസാധ്യം തനിക്ക് മുമ്പുള്ള ജ്ഞാനത്തിൽ നിന്നു സാമർഥ്യത്തെ അസാധ്യത പ്രാപിച്ചിട്ട് അധിഷ്ടാന്തസിദ്ധം ഇതിന്റെ ഒരു ഉദാഹരണം പറയാൻ കഴിയത്തില്ല അങ്ങനെയുള്ള സ്വഭാവവിശേഷം ജ്ഞാനത്തിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവിശേഷം വരുന്നു അത് അസുദ അങ്ങനെ അസുദ പ്രകാശനം ഉപജാത അങ്ങനെ അസുഖന്റെ പ്രകാശനം ഉപജാതം സംഭവിക്കുന്നു തസ്മാൻ അസത്പ്രകാശനശക്തിരേ അവിദ്യയിൽ സാമ്പത്തിക അവിദ്യ എന്ന് പറഞ്ഞാൽ അസത്പ്രകാശന ശക്തിയാണ് അത് ജ്ഞാനത്തിലിരിക്കുന്ന യഥേ അസത്പ്രകാശനശക്തി വിജ്ഞാന പറഞ്ഞു എന്താണ് വിജ്ഞാനത്തിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ അസത്തിനെ പ്രകാശിപ്പിക്കത്തിനുള്ള അവിദ്യാശക്തി ഉണ്ടെന്നുള്ളത് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ശക്യം സഖ്യം എന്താണ് പറയുന്നു ശക്തിയുടെ ശക്യം അതെന്താണെന്നാണ് ചോദിക്കുന്നത് പറഞ്ഞു ശക്തിയുടെ ശക്തി എന്ന് വെച്ച ശക്തിയുടെ വിഷയം അസത്താണ് അസത്താണെങ്കിൽ ആ അസത്ത് ശക്തിയുടെ കാര്യമാണോ ആഹോ എന്ന് വെച്ചാൽ അതോ ജാപ്യമാണോ ശക്തിയുടെ വിഷയം കാര്യമാണോ എന്തിന്റെ കാര്യം ശക്തിയുടെ കാര്യമാണോ അത് അതോ ആഘോഷി അതോ അസ്യാപ്യം ആ ശക്തിയുടെ ഞാപ്യമാണോ ആദ്യ കാര്യമൊന്നുള്ള എടുക്കുന്നു ഇപ്പോ ഞാംസാരും മറ്റും പറയുന്ന ഇപ്പൊ മണ്ണ് മണ്ണിൻ്റെ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ കാര്യമാണ് കുടം അവര് പറയുന്ന നമ്മൾ സാധാരണ മണ്ണിന്റെ കാര്യം പറയും പക്ഷെ എല്ലാ മണ്ണിൽ നിന്നും കുടം ഉണ്ടാകത്തില്ല മണ്ണിൽ നിന്ന് കുടം ഉണ്ടാകുന്നില്ല പശ്ചിമയുള്ള മണ്ണിൽ നിന്നേ കുടവുണ്ടാകത്തുള്ളു അപ്പൊ പശ്ചിമ എന്ന് പറയുന്നത് എന്താണ് ആ മണ്ണിലുള്ള ഒരു ശക്തിയാണ് അപ്പൊ ശക്തിയിൽ നിന്നേ കുടമുണ്ടാകത്തുള്ളു അപ്പൊ ശക്തിയുടെ കാര്യമാണ് കുടമെന്ന് പറയുന്നത് അത് ശരിയാണ് അങ്ങനെ പറയാം പക്ഷെ അവിദ്യാശക്തിയുടെ കാര്യമാണ് അസത്വം ഇവിടെ ഈ അസത്വം എന്ന് പറയുന്ന എന്താണ് ഈ കാണുന്ന എല്ലാ അസത്താണ് പശ്ചാസത്താണ് മേശ അസത്താണ് സർവാസത്താണ് അപ്പോൾ അത് അവദ്യാശക്തിയുടെ കാര്യമാണ് എങ്ങനെയാണോ മണ്ണിലിരിക്കുന്ന ശക്തിയുടെ കാര്യം കുടമാകുന്ന അല്ലെങ്കിൽ തീയിലിരിക്കുന്ന ശക്തിയുടെ കാര്യം പൊള്ളലാകുന്നത് അതുപോലെ പറയുന്നു അത് ശരിയാകും എന്തുകൊണ്ട് കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഒരു സത്തായ ഒന്നിനെ കാര്യമെന്ന് കാണുന്നു തീ കൊണ്ട് കൈ പൊള്ളിക്കഴിഞ്ഞാൽ പൊള്ളലെന്ന് പറയുന്നത് എന്താണ് അസത്തല്ല സത്താണ് മണ്ണിന്റെ ശക്തി കൊണ്ട് കുടവുണ്ടായെന്ന് പറഞ്ഞാൽ കുടവെന്നു പറയുന്നത് എന്താണ് അത് സത്താണ് ഒരു വസ്തുവാണ് നിങ്ങള് പറയുന്നത് എന്താണ് നല്ല അസത്താണ് അസത്വം എന്ന് പറയുന്നത് എങ്ങനെ കാര്യമാകും അസത്തിന് ഒരിക്കലും കാര്യമാകാൻ പറ്റുന്ന ഉദാഹരണം വന്ധ്യാപത്രം തന്നെ വന്ധ്യാപത്രം കാര്യമാവും വന്ധ്യാപത്തിന് ആരെങ്കിലും പ്രസവിക്കും അപ്പൊ എന്ന് പറയുന്ന ഒരിക്കലും അസത്യവരത്തില്ല അതുകൊണ്ട് വിജ്ഞാനശക്തിയുടെ കാര്യമാണ് ഈ കാണുന്ന അസത്തെന്ന് പറയുന്നത് ശരിയല്ല അസത്തിന് കാര്യമാകാൻ പറ്റത്തില്ല അസത്തിനെ കാര്യമാകാൻ പറ്റും എന്നാണ് ഇവിടെ സത്കാരിവാദി പറയുന്നത് ഇന്നതാവ കാര്യം എന്നു വെച്ചാൽ അസത്ത് അവിദ്യാശക്തിയുടെ കാര്യം അല്ല അസതഹ തത്വ അനുപത്തെഹേ അസതം എന്ന് പറഞ്ഞ അസത്തിന് കാര്യത്വം എന്ന് പറയുന്നത് യോജിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അസത്വം കാര്യം ആകത്തില്ല അസത്തിനെ കാര്യമാകാൻ പറ്റും ഉദാഹരണമൊക്കെ തന്നെയാണ് കൈടെ പൊള്ളലും അൻപാത്തിലുമൊക്കെ തന്നെയാണ് എന്താണ് ചോദിക്കുന്നത് ഈ അവിദ്യാശക്തിയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചു അത് അസത്താണെന്ന് പറഞ്ഞു ശരി അസത്തെന്ന് പറയുന്നത് അവിദ്യാശക്തിയുടെ കാര്യമാണോ അതോ ഞാപ്യമാണോന്നാ ചോദിച്ചു അപ്പോ അത് കാര്യമല്ല പിന്നെ എന്താണത് ഞാപ്യമാണ് രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് എന്താണ് എന്റെ നേരിട്ടുള്ള അർത്ഥം ജ്ഞാന വിഷയം എത്രയുള്ള എന്റെ അർത്ഥം ജ്ഞാന വിഷയത്തോ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നു എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു പുസ്തകം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനത്തിന്റെ വിഷയമായി എന്ന് പറഞ്ഞാപ്യമായ ഇത്രയുള്ളു ഞാപ്യത്തിന്റെ അർത്ഥം നമ്മളേതെങ്കിലും ഒന്ന് ഒരു വസ്തുവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ അത് ഞാപ്യമായി എന്താ അറിവിന്റെ വിഷയമായി ന്യം എന്നൊക്കെ പറയും പോലെയാണ് നമ്മ ചോദിക്കുന്നു ഈ അവിദ്യാശക്തിയുടെ ഞാപ്യമാണെന്ത് എന്ന് വെച്ചാ അവിദ്യാശക്തിയോടെ ഇരിക്കുന്നു ജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ ശക്തിയാണത് അപ്പൊ ജ്ഞാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ ജാപ്യമാണ് എന്താ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ ഇത്രേയുള്ളൂ ആ ജ്ഞാനശക്തിയിലൂടെ അതിനറിയുന്നു ഇത്രേയുള്ളു ഈ ഇരിക്കുന്ന എല്ലാ അവസ്ഥകളും എന്താണ് അതിന് ജ്ഞാനശക്തിയിലൂടെ അറിയുന്നു ാപ്യം ഒരിക്കലും അസത്ത് ശൂന്യവാദികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അനുഭവിക്കുന്നത് തന്നെയാണ് അസത്ത് ബ്രഹ്മവാദികൾ എന്താണ് പറയുന്നത് ബ്രഹ്മമാണ് പ്രപഞ്ചമായിരിക്കുന്നത് ബ്രഹ്മമാണ് നാമരൂപമായിരിക്കുന്നത് എല്ലാം ബ്രഹ്മമാണ് ഈശ്വരനായിരിക്കുന്ന ബ്രഹ്മമാണ് ജീവനായിരിക്കുന്ന ബ്രഹ്മ എല്ലാം ബ്രഹ്മമാണ് അതിന്റെ സ്ഥാനത്ത് ശൂന്യവാദങ്ങൾ എന്താ പറയുന്നു ഏ എന്താ പറയുക ഇതൂടെ പറഞ്ഞപ്പോ മനസ്സിലായി ബ്രഹ്മമാണ് നാമരൂപമായിരിക്കുന്നത് അവർ ശൂന്യമാണ് നാമരൂപമായിരിക്കുന്നത് ശൂന്യമാണ് താനായിരിക്കുന്നത് ശൂന്യമാണ് പ്രപഞ്ചമായിരിക്കുന്നത് അത് ഇതുപറയും ബ്രഹ്മമാണ് എന്തായിരിക്കുന്നത് പ്രപഞ്ചമായിരിക്കുന്നത് ശൂന്യവാദം എന്തോ ശൂന്യമാണ് പ്രപഞ്ചമായിരിക്കുന്നത് ശൂന്യം തന്നെ ഈ കാണപ്പെടുന്നത് അപ്പോ അവിദ്യാശക്തി എന്ത് ചെയ്യുന്നു ഇതിനെ ബോധിപ്പിക്കും കണ്ടാതെ ഇതിനെ സൃഷ്ടിക്കുക ഇത് അവിദ്യാശക്തിയുടെ കാര്യ കാര്യമെന്ന് പറഞ്ഞാൽ അവിദ്യാശക്തി ഇതിനെ സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യുന്നു അവിദ്യാശക്തി ഇതിനെ ബോധിപ്പിക്കുന്നു അവിദ്യാസക്തി കൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ അറിയുന്നു അത്രേ ഉള്ളൂ അദ്വൈര്യം പറയുന്നത് അത് തന്നെ ഇതൊക്കെ അറിയുന്നു അവദ്യ കൊണ്ട് ഇതിനെയൊക്കെ അറിയുന്നു പറയും അറിയുന്നു അതിനപ്പുറം ഒരു സൃഷ്ടിയില്ല എന്ന അദ്വൈതോടും പറയും പറയുന്നു അത് പറയാൻ പറ്റില്ല അവിദ്യാസക്തി അസത്തിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ശരില്ലാപ്യന്തരഅനം പറയുന്നത് എന്താണ് ജ്ഞാന വിഷയം ഇവിടെ അതിന് വേറെ അർത്ഥം കല്പിച്ചിട്ടാണ് പറയുന്നത് ജ്ഞാനജന്യജ്ഞാന വിഷയം പറഞ്ഞ എന്താ അർത്ഥം പറയുന്നത് വിഷയം ജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം രണ്ടാമത്തെ ജ്ഞാനം അതിന്റെ വിഷയം ഒന്നാമതൊരു ജ്ഞാനമുണ്ട് അതിൽ നിന്നെന്തിയും രണ്ടാമതൊരു ജ്ഞാനമുണ്ട് അതിന്റെ വിഷയം അങ്ങനെ ഒരു അർത്ഥം ഇവിടെ ഞാപ്യത്തിന് കല്പിച്ചിട്ടാണ് ഇവിടെ ഞാപ്യെന്നുള്ള നിഷേധിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം കാരണം ഈ ജ്ഞാനത്തിലാണ് ആ വിദ്യാശക്തി എവിടെയിരിക്കുന്നു ജ്ഞാനത്തിൽ അവിദ്യാശക്തി ഇരിക്കുമ്പോ ഇവിടെ പറയുന്നു ആ വിദ്യാശക്തി കൊണ്ട് പുസ്തകത്തെ അറിയുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു ഇപ്പൊ എന്തു പറയേണ്ടി വരും ജ്ഞാനത്തിൽ ഇരിക്കുന്ന അവിദ്യാശക്തി കൊണ്ട് പുസ്തകത്തെ അറിയുന്നു ഇപ്പോടെ എത്ര ജ്ഞാനം വന്നു രണ്ട് ജ്ഞാനം ആദ്യം പറഞ്ഞ എന്താണ് ജ്ഞാനം അതിലാ അവിദ്യാശക്തി അതുകൊണ്ട് വീണ്ടും ഒരു ജ്ഞാനം ഉണ്ടാവും എന്തിന്റെ ജ്ഞാനം അപ്പൊ രണ്ട് ജ്ഞാനമായി ആദ്യത്തെ ഞാനും ഒന്നാമത്തെ ജ്ഞാനം രണ്ടാമത്തെ ഞാനോ രണ്ടാമത്തെ ജ്ഞാനം അതാണ് പറയുന്നത് ജ്ഞാനജന്യ ജ്ഞാന വിഷയത്വം അവിദ്യാശക്തി ആദ്യത്തെ ജ്ഞാനമായിട്ടെടുക്കുക അവിദ്യാശക്തി ജന്യമായി ഞാനെ രണ്ടാമത്തെ ജ്ഞാനമായി അതിന്റെ വിഷയമാണ് എന്ത് പുസ്തകം അങ്ങനെ പറയുകയാണ് കാരണം അവിദ്യാശക്തിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അത് വിഷയം എന്ന് പറഞ്ഞു അവിദ്യാശക്തിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ജ്ഞാന വിഷയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാശക്തി നിന്ന് ജ്ഞാനമുണ്ടായി അതിന്റെ വിഷയം നടത്തം വരും കേവലൊരു ശക്തിയുടെ വിഷയമല്ല ജ്ഞാനത്തിൻ്റെ വിഷയം അതാണ് ജ്ഞാന ജന്യ ജ്ഞാന വിഷയത്തിൽ ഇങ്ങനെയാണ് അർത്ഥം പറയുകയാണെങ്കിൽ ഈ അവിദ്യശക്തി എവിടെയാണ് ഇരിക്കുന്നത് ആ ജ്ഞാനത്തിന്റെ വിഷയവും നല്ല മനസിലായ അവിദ്യാശക്തി ഇരിക്കുന്ന ജ്ഞാനത്തിന്റെ വിഷയമൊന്നല്ല അവിദ്യാസക്തിയുടെ വിഷയം വിഷയമെന്ന് പറയുമ്പോൾ അത് ജ്ഞാപ്യമല്ല അത് അല്ല വിഷയം എന്ന് പറയുമ്പോൾ അത് കാര്യമല്ല സഖ്യമല്ല കാര്യമല്ല ഞാപ്യം പറയുമ്പോൾ അവിടെ ജ്ഞാനം വേണം രണ്ടാമതൊരു ജ്ഞാനം ഉണ്ടായാലും അല്ലെങ്കിൽ അവിദ്യാസക്തിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താകും സഖ്യം സഖ്യം എന്ന് പറഞ്ഞാൽ കാര്യം കാര്യം ശരിയല്ലാതെ നേരത്തെ നിഷേധിച്ചു അസത്തിൽ നിന്ന് കാര്യം ഉണ്ടാകത്തില്ല അസത്ത് കാര്യമാകത്തില്ല ഇതൊക്കെയാണ് നിയമം അസത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകത്തില്ല അസത്ത് കാര്യമാകത്തില്ല വന്ധ്യാപത്തിൽ നിന്നൊരു പുത്രം ഉണ്ടാകത്തില്ല എന്നിട്ട് അസത്തിൽ നിന്ന് എന്താണ് ഒരു പുത്രം ഉണ്ടാകത്തില്ല അസത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകത്തില്ല അസത്തൊരു കാര്യമാകത്തില്ല വന്ധ്യാപത്രം എന്ന് പറയുന്ന ഒരു പുത്രം ഒരിക്കലും ഉണ്ടാകത്ത കാര്യമൊന്നു പറയാൻ പറ്റില്ല ഞാപ്യം പറയണം ഞാപ്യം എന്ന് പറയുമ്പോൾ ജ്ഞാനജന്യ ജ്ഞാനവിഷയം ഇങ്ങനെ പറയുമ്പോൾ വേറെ ദോഷം അപ്പോ അവിദ്യീകരിക്കുന്ന ജ്ഞാനത്തെ കൂടാതെ ഒരു ജ്ഞാനത്തെ കൂടെ അംഗീകരിക്കും വിദ്യ ശക്തി ഇരിക്കുന്ന ജ്ഞാനത്തെ കൂടാതെ രണ്ടാമതൊരു ജ്ഞാനത്തുകൂടെ സ്വീകരിക്കേണ്ടി എവിടെ ഞാൻ അങ്ങനെയൊരു ഞാനുണ്ട് അങ്ങനെയൊരു ഞാൻ കാണാറുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് ആ വിദ്യാശക്തി ജ്ഞാനത്തിലിരിക്കുന്നു ആ ജ്ഞാനത്തിന്റെ വിഷയമാണ് അസത്യം എന്താ പറയുന്നത് ഇപ്പൊ പറയുന്നത് എന്താണ് വിദ്യാശക്തി ഇരിക്കുന്ന ജ്ഞാനത്തെ കൂടാതെ മറ്റൊരു ജ്ഞാനം ജന്യ അതിന്റെ വിഷയം ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം വരുന്നത് തർക്കമാണ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും കേൾക്കുന്നുണ്ടാ ഇവിടെ മനസിലാകുന്നുണ്ടാൻ ഇപ്പൊ എത്ര ഞാനായി അത്രയും മതി വ്യാഖ്യാനിക്കണ്ട ധാരാളം ഈ രണ്ട് ഞാനോന്ന് പറഞ്ഞുണ്ടോ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു അപ്പോ അങ്ങനെ ഒരു ജ്ഞാനം ഇല്ല കാരണം നിങ്ങൾ പറയുന്ന എന്താണ് അവിദ്യാശക്തിയുള്ള ജ്ഞാനത്തിന്റെ വിഷയമാണെന്നാണ് പറയുന്നത് അസത്വം പുസ്തകം ഇപ്പൊ പറയുന്നു അങ്ങനെയല്ല ജ്ഞാനജന്യ ജ്ഞാന വിഷയം അവിദ്യാശക്തിയിൽ നിന്നുണ്ടായ ജ്ഞാനത്തിന്റെ വിഷയം അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു വിരോധം വന്ന അതുപോലെ ആദ്യം പക്ഷെ തള്ളിക്കളയണം എന്താണ് രണ്ടാമതൊരു ജ്ഞാനം ഉണ്ടെന്നുള്ള പക്ഷമേ തള്ളിക്കളയുന്നു അല്ല ഇനി പറയണ അങ്ങനെയല്ല രണ്ടാമതൊരു ജ്ഞാനം കൂടെ ഉണ്ട് നേരത്തെ പറഞ്ഞില്ലെന്നേ ഉണ്ട് ആ വിദ്യാശക്തി ഉണ്ടല്ലോ അവിടെ മറ്റൊരു ജ്ഞാനം ഉണ്ട് അതിന്റെ വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദോഷം ഈ രണ്ടാമതുണ്ടായ ജ്ഞാനത്തിന്റെ ഞാപ്യമാണ് സത്യം നൂർ ആദ്യത്തെ ഞാനവിടെ ഇരിക്കട്ടെ രണ്ടാം ജ്ഞാനം ഉണ്ടല്ലോ ആ ജ്ഞാനത്തിന്റെ ഞാപ്യമാണ് രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ ഞാപ്യമാണ് അസത്ത് എന്ന് പറയും അപ്പൊ വീണ്ടും ഈ ചോദ്യം വരും ആ രണ്ടാമത്തെ ജ്ഞാനത്തിൽ ആ വിദ്യാശക്തി ഉണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ ആ വിദ്യാശക്തി ജന്യമായ ജ്ഞാന വിഷയമല്ലേ ആണ് ഇപ്പൊ മൂന്നാമതൊരു ജ്ഞാനം വന്നോ മൂന്നാം ജ്ഞാനം വരെ എത്തിയ എത്തിയ എത്തിയില്ല അവിടെയൊക്കെ പോയി പിന്നെ അങ്ങോട്ട് ചിന്തിക്കരുത് അതൊക്കെ മറന്നു കളയുക അതൊക്കെ അങ്ങോട്ട് മൂന്നാമത്തെ ജ്ഞാനത്തി എത്തി മൂന്നല്ല നാല് പോവും അഞ്ചു പോവും കൂടെ വരണം പറയുന്നത് ആ വിദ്യാശക്തിയിൽ നിന്നൊരു ജ്ഞാനമുണ്ടായി ആ ജ്ഞാനത്തിന്റെ വിഷയമാണ് അസത്ത് ഇപ്പൊ ഇപ്പൊ എത്ര ജ്ഞാനമുണ്ട് ഈ രണ്ടാമത്തെ ജ്ഞാനത്തിൽ നിന്ന് ഒരു ജ്ഞാനമുണ്ടായി അതിന്റെ വിഷയമാണ് അസത്വം എന്നും പറയേണ്ടി വരും രണ്ടാമത്തെ ജ്ഞാനത്തിൽ നിന്ന് ഒരു ജ്ഞാനമുണ്ടായി അതിന്റെ വിഷയമാണ് അസത്വം എന്ന് പറഞ്ഞാൽ എത്ര ജ്ഞാനമായി ആ അങ്ങനെ മൂന്നാമത്തെ ജ്ഞാനത്ത് നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പറയേണ്ടി വരും ആ മൂന്നാമത്തെ ജ്ഞാനത്തിൽ നിന്ന് ഒരു ജ്ഞാനമുണ്ടായി അതിന്റെ വിഷയമാണ് അസത് അസത്വങ്ങനെ ഇപ്പം എത്രാമത്തെ ജ്ഞാനമായി നാലാമത്തെ ജ്ഞാനത്തിൽ നിന്നൊരു ജ്ഞാനമുണ്ടായി അതിന്റെ വിഷയമാണ് അസത്വം എന്തുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ ജ്ഞാനത്തിന്റെ വിഷയമൊന്നും അംഗീകരിക്കുന്നില്ല ഇവിടെ രണ്ടാമതല്ല ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് മൂന്നായി കൂടാ നാലായി കൂടാ അഞ്ചായി കൂടാ ആറായി കൂടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനവസ്ഥ അനവസ്ഥ അന്ധമില്ലാതെ അതുകൊണ്ടെന്താണ് ജ്ഞാന വിഷയം ഇത്രേം സ്വീകരിക്കാം ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാശക്തിയിൽ ജ്ഞാനത്തിന്റെ വിഷയം ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് തിന് ജന്യജ്ഞാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനാന്തരം രണ്ടാമതൊരു ജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും അനുപലബ്ധേ അങ്ങനെ ഒരു ഞാനില്ല നിങ്ങളത് അംഗീകരിച്ചിട്ടില്ല അങ്ങനെ അംഗീകരിച്ചാൽ വരുന്ന ദോഷമെന്ന് പറഞ്ഞത് അങ്ങനെ ഒന്നില്ല പിന്നെ അത് സ്വീകരിക്കാൻ പറ്റും ജ്ഞാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അന്യജ്ഞാനം എന്ന് വച്ചാൽ രണ്ടാമത്തെ ജ്ഞാനം അങ്ങനെ ഒന്നില്ല നിങ്ങളുടെ തിയറിയിൽ ഇല്ല അതുകൊണ്ട് ജ്ഞാപ്യം പറഞ്ഞാൽ ജ്ഞാന ജന്യ ജ്ഞാന വിഷയം എന്ന് പറയാൻ പാടില്ല മനസ്സിലായ ശരി ഇനി അത് അംഗീകരിച്ചാൽ ജ്ഞാന ജന്യ എന്ന് രണ്ടാമതൊരു ജ്ഞാനത്തെ സ്വീകരിച്ചാൽ അനവസ്ഥാപാതാ അനവസ്ഥാ ദോഷം അനോസ്ത ദോഷം വരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ടാം ഞാനും മൂന്നാം ഞാനും നാലാം ഞാനും ഇങ്ങനെ സ്വീകരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്യണം അവിദ്യാശക്തിയുള്ള ജ്ഞാനം തന്നെയാണ് അതിനപ്പുറം ഒരു ജ്ഞാനം അതാണ് അസത്തിന്റെ ജ്ഞാനം എന്ന് പറയേണ്ടി വരും വിദ്യാശക്തിയുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ജ്ഞാനം അതാണ് എന്തിന്റെ ജ്ഞാനം അസത്തിന്റെ ജ്ഞാനം അതുകൊണ്ടെന്ന് പറയുന്നു വിജ്ഞാനസ്വരൂപമേവ അസത പ്രകാശ എന്ന് പറഞ്ഞാൽ അവിദ്യാശക്തിയുള്ള ജ്ഞാനം തന്നെയാണ് അസത്തിന്റെ ജ്ഞാനം നമ്മൾ മുമ്പോട്ട് പോകാൻ പാടുണ്ട് എന്ന് സ്വീകരിക്കുന്നു അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അവിദ്യാശക്തിയുള്ള ജ്ഞാനം തന്നെയാണ് അസത്തിന്റെ ജ്ഞാനം ഇത് ചേ പുനരേഷ സോ സംബന്ധ അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനവും ഈ അസത്തും തമ്മിലുള്ള ബന്ധം എന്താണ് അതായത് ഇവിടെ സത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തെയാണ് ജ്ഞാനസത്തല്ല പക്ഷെ ശൂന്യവാദികൾ ജ്ഞാനത്തിന് സത് എന്ന് പറയും കാരണം അത് പൂർവജ്ഞാന അധീനമാണ് അതാണ് സത്യം അല്ലാതെ അദ്വീതികൾ പറയുന്ന സത്തല് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ അർത്ഥം പൂർവജ്ഞാന അതാണ് സത്തെന്ന് പറയുന്നത് ഇപ്പൊ പൂർവജ്ഞാന ജ്ഞാനവും അസത്തും തമ്മിൽ എന്താ ബന്ധമെന്നാ വെച്ചാൽ കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞു ചോദിച്ചാൽ ഞാനിപ്പോൾ പുസ്തകത്തെ കാണുന്നു ഈ ജ്ഞാന എനിക്ക് ജ്ഞാനം ഉണ്ടായി അങ്ങനെ പുസ്തകജ്ഞാനം എന്ന് പറയും ഈ പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് പൂർവജ്ഞാന അധീനമായിരിക്കുന്ന ജ്ഞാനമാണ് ക്ഷണികജ്ഞാനമാണ് പുസ്തകം എന്ന് പറയുന്ന അസത്താണ് അപ്പൊ ഈ പൂർവജ്ഞാന അധീനമായിരിക്കുന്ന സത്തായ ഈ ജ്ഞാനവും പുസ്തകവും തമ്മിലെന്താ ബന്ധം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അസത്തും സത്തും തമ്മില് ബന്ധമുണ്ടാകത്തില്ല നിങ്ങക്ക് വന്ധ്യാപുത്ര പിടിച്ചൊരു കുറ്റിയിൽ കെട്ടിയിടാൻ പറ്റുമോ പറ്റൂ അസത്തിന് സത്തിനോട് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങള് പറയുന്ന ജ്ഞാനം പൂർവജ്ഞാനാധീനമായ ജ്ഞാനമാണ് ആ രീതിയിലാണ് സത്ത് അല്ലാതെ മറ്റു രീതിയില അങ്ങനെയാണെങ്കിൽ തന്നെയും ആ ജ്ഞാനത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ഈ ജ്ഞാനമാണ് അസത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ പുസ്തകജ്ഞാനവും പുസ്തകവും തമ്മിൽ എന്താ കണ്ടോ പുസ്തകം അസത്താണ് അസത്താണ് ഈ തോന്നുന്നു എന്താണോ അതുകൊണ്ട് എന്ത് സംഭാവിക്കുന്നു എന്താ പറയുന്നത് ഏകദേശം എത്തിയോ എൺപത് ശതമാനം കയറി ഒരു ഇരുപത് ശതമാനം സത്വ അസത്വം തമ്മിൽ സംബന്ധം ഉണ്ടാകത്തില്ല മനസിലായത് സത്വ അസത്വം തമ്മിന് സംബന്ധം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തായത് തമ്മിലുള്ള സംബന്ധം ഇത് അസത്താണ് ഞാനത് അറിയുന്നു എന്ന് പറഞ്ഞാൽ വന്ധ്യാപുത്രനാണ് ഞാൻ അറിയുന്ന അറിയാൻ പറ്റും അങ്ങനൊന്നില്ലല്ലോ ഒന്നുകൂടെ കടുപ്പിക്കണം അത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരും ഞാനും കുറച്ചുകൂടെ പോകാം അസദ് അധീന നിരൂപണത്വം സദോ ജ്ഞാന അസദാ സംബന്ധം ഇത് ഇപ്പൊ ഇവിടെ ശൂന്യവാദിക ഒരു സംബന്ധത്തെ ഇപ്പൊ എനിക്ക് പുസ്തകത്തിന്റെ ജ്ഞാനം ഉണ്ടായി മേശയുടെ ജ്ഞാനം ഉണ്ടായി ഈ രണ്ട് ജ്ഞാനം ഒന്നാണ് പുസ്തകത്തിന്റെ ജ്ഞാനുണ്ടായ ഞാൻ പറയും പുസ്തകം മേശയുടെ ജ്ഞാനം ഉണ്ടായ ഞാൻ പറയും മേശയുടെ എന്തുകൊണ്ടാണ് ജ്ഞാനം വ്യത്യാസമായത് പുസ്തകം വേറെ മേശയുടെ ജ്ഞാനം വേറെ എന്താ വ്യത്യാസമായത് പുസ്തകത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകത്തിന് അധീനമാണ് മേശയുടെ ജ്ഞാനം എന്ന് പറയുന്നത് അധീനമാണ് അതിനാണ് പറയുന്നത് പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് പുസ്തക നിരൂപണീയമാണ് മേശയുടെ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ വ്യത്യാസം വന്നുള്ളൂ അപ്പോ അതാണ് ഇവിടെ പറയുന്നത് എന്താണ് അസത് അധീന നിരൂപണീയത്വം ഈ ജ്ഞാനവും ഈ ജ്ഞാനവും തമ്മിൽ വേറിരിക്കാൻ കാരണം എന്റെ ഈ പുസ്തക ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകത്തിന് അധീനമാണ് മേശയുടെ ജ്ഞാനം എന്ന് പറയുന്നത് മേശയ്ക്ക് അധീനമാണ് അപ്പൊ അസത് അധീന നിരൂപണീയമാണ് ജ്ഞാനം ഇതാണ് രണ്ടു തമ്മിലുള്ള സംബന്ധം അസത് അധീന നിരൂപണീയത്വം എവിടെ വരും ജ്ഞാനത്തിൽ വരും അസത് അധീന നിരൂപണീയമായി ഞാന് എന്നുവെച്ചാൽ ഈ വിഷയത്തിന് അധീനമാണ് ജ്ഞാനം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അത് ജ്ഞാനം എന്ന് പറയുന്നത് അസത് അധീന നിരൂപണീയമായി അപ്പോൾ അസത് അധീന നിരൂപണീയത്വം പുസ്തകം ജ്ഞാനത്തിൽ അതുപോലെ മേശയുടെ ജ്ഞാനത്തിൽ മേശ അധീന നിരൂപണീയത്വം അപ്പോൾ ഇത് ഇനി ശൂന്യവാദി പറയുന്ന അനുസരിച്ചാണെങ്കിൽ പുസ്തകം അസത്വമാണ് പുസ്തകത്തിൻ്റെ ജ്ഞാനം ഉണ്ടായി അപ്പോ ജ്ഞാനത്തിനെന്തോന്നു ഈ പുസ്തകമാകുന്ന അസത്വ അധീന നിരൂപണീയത്വം വന്നു രണ്ടും തമ്മിൽ ബന്ധമായി പുസ്തകത്തിന് അധീനമായേ ഞാനുണ്ടാകത്തുള്ളൂ മേശയ്ക്ക് അധീനമായേ ഞാനുണ്ടാകത്തുള്ളു ഇതാണ് ഇവരുടെ ബന്ധം മനസ്സിലായോ ഇതാണ് രണ്ട് തമ്മിലുള്ള ബന്ധം മണ്ണിനനുസരിച്ചേ മൺകുടം ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ മണ്ണും കുടവും തമ്മിലൊരു ബന്ധമുണ്ടായി അതിനധീനമായേ മറ്റൊന്ന് സംഭവിക്കൂ മണ്ണിനധീനമായൊന്ന് അതുപോലെ പുസ്തകത്തിന് അധീനമായി അസത്തിന് അധീനമായി ജ്ഞാനം അതാണ് രണ്ടു തമ്മിലുള്ള ബന്ധം മനസ്സിലായ പറയുന്നത് അസത് അധീന നിരൂപണീയത്വം സതോ ജ്ഞാനസ്യ ജ്ഞാനത്തിനായുള്ള നേരത്തെ സത്വം എന്ന് പറഞ്ഞത് അസദാ സംബന്ധ അസത്വമായിട്ടുള്ള ജ്ഞാനത്തിന്റെ സംബന്ധം ഇതാണ് അസദീന നിരൂപണിത്വം അസത്വധീനമായ ജ്ഞാനം ഉണ്ടാകും അതാണ് ഇത് ചേോതം യം അതിനിർവൃത്ത പ്രത്യ തപ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഈ അസത്ത് അയാ പുസ്തകത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാവത്തു പുസ്തകത്തിന് വിധേയമായി അനുസരിച്ച് ഞാൻ ഉണ്ടാകത്തു എന്നുവെച്ചാൽ എന്താണ് ജ്ഞാനത്തിന് പുസ്തകത്തെ ആശ്രയിക്കേണ്ടി വരും ജ്ഞാനത്തെ പുസ്തകത്തിന് ആശ്രയിക്കാൻ പറ്റത്തില്ല തിരിച്ച് ജ്ഞാനത്തിന് ജ്ഞാനം ഉണ്ടാകുന്നതിന് പുസ്തകത്തെ ആശ്രയിക്കണം ജ്ഞാനത്തിന് പുസ്തകത്തെ ആശ്രയിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് കാരണം പുസ്തകം അസത്താണ് അസത്തിനെ ഒന്നിനെ ആശ്രയിക്കാൻ പറ്റി മനസ്സിലായ പുസ്തകം എന്ന് പറയുന്നത് അസത്താണ് അസത്തിനാർക്കാശ്രയിക്കാൻ പറ്റും ഇല്ലാത്ത ഒന്നിനെങ്ങനെ ആരാശ്രയിക്കും അപ്പോ ഇവിടെ പറയാണ് അല്ലെങ്കിൽ പ്രത്യേകം എന്ന് പറയുന്നത് ഒരു തപസ്യ പ്രത്യേകം എന്ന് പറയുന്നത് തപസ്യാ എന്താണ് തപസിയുടെ പ്രത്യേകത എന്താണ് തപസ്സി തപസ്സി ചെയ്യുന്നതിനും മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കുന്നതിന് വേണ്ടി തപസ്സിക്ക് തപസ് ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷണം വേണം വെള്ളം വേണം ഇരിപ്പിടം വേണം സംരക്ഷിക്കുക ആള് വേണം അപ്പൊ തപസിയുടെ പ്രത്യേകത എന്താണ് അത് ആശ്രയി തപസിയെ കൊണ്ട് മറ്റാർക്കും ഒരു ഗുണവുമില്ല എന്ത് ചെയ്യുന്നു ഇയാളൊരു പണിയെടുക്കുന്നില്ല ഇയാൾ വെറുതെ ഇരിക്കുകയാണ് തപസ്യെ കൊണ്ട് മറ്റാർക്കിങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടാവും അതുകൊണ്ട് ജ്ഞാനത്തിനെവിടെ കളിയാക്കി പറയാണ് തപസ്സി തപസ്സി അത് കളിയാക്കി പറയുന്നു അഹോ കൊള്ളാമല്ലോ അഹോ പതാന്ന് ചോദിച്ചാൽ കൊള്ളാമല്ലോ നിങ്ങളുടെ ജ്ഞാനം എന്താണ് അയം അതി നിർവൃത്തോ പരമസുഭിമാനാണല്ലോ ആരെ പോലെ പരമസു തപസ്സിയെ പോലെ തപസിയുടെ പ്രത്യേകത എന്താണ് അവൻ പരമസുഭിമാനാണ് കാരണം എന്താണ് അവൻ ആർക്കു വേണ്ടി ഒന്നും ചെയ്യണ്ട ബാക്കിയുള്ളവരെല്ലാവരും എന്തു ചെയ്യണം അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പം ഞാനും ഒന്ന് വരുന്ന ഒരു തപസിയാണ് നിർവൃത്തല്ലെന്ന് വെച്ചാൽ മോക്ഷം നേടിയിരിക്കുന്ന അപ്പൊ പഴയകാലത്ത് ഈ തപസികളെ കുറിച്ച് ആൾക്കാർ കളിയാക്കുമായിരുന്നു എന്താണ് ഇവനൊരു പണിയെടുക്കത്തില്ല യവൻ ചാപ്പാട കളിച്ചുകൊണ്ട് മോക്ഷമൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും മറ്റുള്ളവർ ഇവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കണം എല്ലാ തപസ്സെന്ന് പറയുന്ന പഴയ കാലത്തും വലിയ കാര്യമെന്നൊന്നും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ശൈലി വന്നത് അഹോ കഥ ഒള്ളാമല്ലോ അയ്യം അതി നിർവൃത്ത ഇവൻ മുക്തനായ പരമാനന്ദത്തിയിരിക്കുന്ന പ്രത്യേക തപസ്യാണ് ജ്ഞാന തപസിയാണ് എന്തുകൊണ്ട് ഇവനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല മറ്റുള്ളവരെ കൊണ്ടല്ല ഇവന് ഉപകാരമുണ്ട് പറഞ്ഞാൽ എന്താണ് ഈ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അസത്ത് വേണം ജ്ഞാനത്തെ കൊണ്ട് അസത്തിനൊരു ഉപകാരമില്ല എന്തുകൊണ്ട് ജ്ഞാനത്തിന് അസത്വശൂന്യമാണ് ജ്ഞാനത്തിന് ഒന്നുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല ഇപ്പൊ തപസ്യ അതുപോലെയാണ് മനസ്സിലായാൽ ആ തമാശ മനസിലാക്കണമെങ്കിൽ അല്പം മൂള വേണം മനസ്സിലായോ തമാശ എന്നിട്ട് എന്താ ചിരിക്കാത്തത് തമാശിച്ചിട്ടെന്താ ചിരിക്കാത്തത് മനസിലാകാത്തോണ്ടില്ലേ തമാശയെ കൊണ്ട് എല്ലാം തമസാശ്രിരിക്കുന്നു എല്ലാവരും അപ്പൊ നമ്മളൊരു തപസ്യാണെങ്കിൽ ഒരു മന്ദഹാസവും വരേണ്ടി പഴയകാലത്തെ ഈ തപസയുള്ള ആൾക്കാർ കളിയാക്കിയിരുന്നു ഇവിടെ ഞാനത്തെ തപസ്യന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ് നമ്മൾ പറയുന്നത് ഹോ പദ യം അതിനിർവൃത്ത പരമസീമാനാണോ ഒന്നും ചെയ്യാതെ സുഖമാണത്തില്ല ആർക്ക് ആർക്ക് ജ്ഞാനത്തിന് തപസ്സിക്ക് പ്രത്യയ തപസ്സി ജ്ഞാനമാകുന്ന തപസ്സിയാണ് എന്താ ഇതെങ്ങനെ ശരിയാകുമെന്നാണ് അസത്വത്തിന് അധീനമായിട്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത് എന്നാൽ ഈ ജ്ഞാനത്തിന് അസത്വമായിട്ടൊരു ബന്ധമില്ല ബന്ധം സ്ഥാപിക്കാനും പറ്റില്ല ഇങ്ങനെ എന്റെ തപസികളുണ്ടാം മറ്റുള്ള ഒരു ഭക്ഷണം കൊടുക്കണ്ടേ അവരെ കൊണ്ട് അവരെന്തെങ്കിലും പണിയെടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കും അവിടെ നിർത്താം ഇപ്പൊ പിടികു